ധ്യായം പന്ത്രണ്ട് അനന്തരം യഹോവ നാഥാനെ ദാവീദിന്റെ അടുക്കൽ അയച്ചു അവൻ അവന്റെ അടുക്കൽ ചെന്ന് അവനോട് പറഞ്ഞത് ഒരു പട്ടണത്തിൽ രണ്ടു പുരുഷന്മാർ ഉണ്ടായിരുന്നു ഒരുത്തൻ ധനവാൻ മറ്റവൻ ദരിദ്രൻ ധനവാന് ആടുമാടുകൾ അനവധി ഉണ്ടായിരുന്നു ദരിദ്രനോ തൻ വിലയ്ക്കുവാങ്ങി വളർത്തിയ ഒരു പെൺകുഞ്ഞാടല്ലാതെ ഒന്നുമില്ലായിരുന്നു അതവന്റെ അടുക്കലും അവന്റെ മക്കളുടെ അടുക്കലും വളർന്നുവന്നു അത് അവൻ തിന്നുന്നതിൽ ഓഹരി തിന്നുകയും അവൻ കുടിക്കുന്നതിൽ ഓഹരി കുടിക്കുകയും അവന്റെ മടിയിൽ കിടക്കുകയും ചെയ്തു അവന് ഒരു മകളെപ്പോലെയും ആയിരുന്നു ധനവാന്റെ അടുക്കൽ ഒരു വഴിയാത്രക്കാരൻ വന്നു തന്റെ അടുക്കൽ വന്ന വഴിപ്പോക്കനു വേണ്ടി പാകം ചെയ്യുവാൻ സ്വന്തം ആടുമാടുകളിൽ ഒന്നിനെ എടുപ്പാൻ മനസ്സാക്കാതെ അവൻ ആ ദരിദ്രന്റെ കുഞ്ഞാടിനെ പിടിച്ചു തന്റെ അടുക്കൽ വന്ന ആൾക്കു വേണ്ടി പാകം ചെയ്തു അപ്പോൾ ദാവിദിന്റെ കോപം ആ മനുഷ്യന്റെ നേരെ ഏറ്റവും ജ്വലിച്ചു അവൻ നാഥാനോട് യഹോവയാണെ ഇത് ചെയ്തവനും മരണയോഗ്യൻ അവൻ കനിവില്ലാതെ ഈ കാര്യം പ്രവർത്തിച്ചതുകൊണ്ട് ആ ആടിനുവേണ്ടി നാലിരട്ടി പകരം കൊടുക്കണം എന്നു പറഞ്ഞു നാഥാൻ ദാവിദിനോട് പറഞ്ഞത് ആ മനുഷ്യൻ നീ തന്നെ ഇസ്രയേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു ഞാൻ നിന്നെ ഇസ്രയേലിന് രാജാവായിട്ട് അഭിഷേകം ചെയ്തു നിന്നെ ശൌലിന്റെ കൈയിൽ നിന്ന് വിടുവിച്ചു ഞാൻ നിനക്ക് നിന്റെ യജമാനന്റെ ഗ്രഹത്തെയും നിന്റെ മാർവിടത്തിലേക്ക് നിന്റെ യജമാനന്റെ ഭാര്യമാരെയും തന്നു ഇസ്രയേൽ ഗ്രഹത്തെയും യഹൂദ ഗ്രഹത്തെയും നിനക്ക് തന്നു പോരായെങ്കിൽ ഇന്നിന്നതും കൂടെ ഞാൻ നിനക്ക് തരുമായിരുന്നു നീ യഹോവയുടെ കൽപ്പന നിരസിച്ച് അവന് അനിഷ്ടമായുള്ളത് ചെയ്തത് എന്തിന് ഹിത്യനായ ഊരിയവെ വാൾകൊണ്ടുവെട്ടി അവന്റെ ഭാര്യയെ നിനക്ക് ഭാര്യയായി എടുത്തു അവനെ അമോന്യരുടെ വാൾ കൊണ്ട് കൊല്ലിച്ചു നീ എന്നെ നിരസിച്ച് ഹിത്യനായ ഊര്യാവിന്റെ ഭാര്യയെ നിനക്ക് ഭാര്യയായിട്ട് എടുത്തതുകൊണ്ട് വാൾ നിന്റെ ഗ്രഹത്തെ ഒരിക്കലും വിട്ടുമാറുകയില്ല യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു നിന്റെ സ്വന്ത ഗ്രഹത്തിൽ നിന്ന് ഞാൻ നിനക്ക് അനർഥം വരുത്തും നീ കാണെ ഞാൻ നിന്റെ ഭാര്യമാരെ എടുത്ത് നിന്റെ കൂട്ടുകാരന് കൊടുക്കും അവൻ ഈ സൂര്യന്റെ വെട്ടത്ത് തന്നെ നിന്റെ ഭാര്യമാരോടുകൂടെ ശയിിക്കും നീ അത് രഹസ്യത്തിൽ ചെയ്തു ഞാനോ ഈ കാര്യം ഇസ്രയേലൊക്കെയും കാണുക സൂര്യന്റെ വെട്ടത്ത് തന്നെ നടത്തും ദാവീത് നാഥാനോട് ഞാൻ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു അതിന് നാഥാൻ ദാവീദിനോട് യഹോവ നിന്റെ പാപം മോചിച്ചിരിക്കുന്നു നീ മരിക്കയില്ല എങ്കിലും നീ ഈ പ്രവൃത്തിയിൽ യഹോവയുടെ ശത്രുക്കൾ ദൂഷണം പറവാൻ ഏതു നിനക്ക് ജനിച്ചിട്ടുള്ള കുഞ്ഞ് മരിച്ചുപോകുമെന്ന് പറഞ്ഞു നാഥാൻ തന്റെ വീട്ടിലേക്ക് പോയി ഊര്യാവിന്റെ ഭാര്യ ദാവീദിനു പ്രസവിച്ച കുഞ്ഞിനെ യഹോവ ബാധിച്ചു അതിന് കഠിന രോഗം പിടിച്ചു ദാവീദ് കുഞ്ഞിനുവേണ്ടി ദൈവത്തോട് അപേക്ഷിച്ചു ദാവീദ് ഉപവസിക്കുകയും അകത്തു കടന്ന് രാത്രി മുഴുവനും നിലത്ത് കിടക്കുകയും ചെയ്തു അവന്റെ ഗ്രഹപ്രമാണികൾ അവനെ നിലത്തുനിന്ന് എഴുന്നേൽപ്പിപ്പാൻ ഉത്സാഹിച്ചുകൊണ്ട് അരികെ നിന്നു എന്നാൽ അവന് മനസ്സായില്ല അവരോടുകൂടെ ഭക്ഷണം കഴിച്ചതുമില്ല എന്നാൽ ഏഴാം ദിവസം കുഞ്ഞ് മരിച്ചുപോയി കുഞ്ഞ് മരിച്ചു എന്ന് ദാവിദനെ അറിയിപ്പാൻ ഭൃത്യന്മാർ ഭയപ്പെട്ടു കുഞ്ഞ് ജീവനോടിരുന്ന സമയം നാം സംസാരിച്ചിട്ട് അവൻ നമ്മുടെ വാക്ക് കേൾക്കാതിരിക്കെ കുഞ്ഞ് മരിച്ചുപോയി എന്ന് നാം അവനോട് എങ്ങനെ പറയും അവൻ തനിക്കു തന്നെ വല്ല കേടും വരുത്തും എന്നവർ പറഞ്ഞു ഭൃത്യന്മാർ തമ്മിൽ മന്ത്രിക്കുന്നത് കണ്ടപ്പോൾ കുഞ്ഞു മരിച്ചുപോയി എന്ന് ദാവീദ് ഗ്രഹിച്ചു തന്റെ ഭൃത്യന്മാരോട് കുഞ്ഞു മരിച്ചുപോയോ എന്ന് ചോദിച്ചു മരിച്ചുപോയി എന്ന് അവർ പറഞ്ഞു ഉടനെ ദാവീദ് നിലത്തുനിന്ന് എഴുന്നേറ്റു കുളിച്ച് തൈലം പൂശി വസ്ത്രം മാറി ഈ ആലയത്തിൽ ചെന്ന് നമസ്കരിച്ചു അരമനയിൽ വന്നു അവന്റെ കൽപ്പനപ്രകാരം അവർ ഭക്ഷണം അവന്റെ മുമ്പിൽ വെച്ചു അവൻ ഭക്ഷിച്ചു അവന്റെ പൃഥ്വിന്മാർ അവനോട് നീ ഈ ചെയ്തിരിക്കുന്നത് എന്ത് കുഞ്ഞ് ജീവനോടിരുന്ന സമയം നീ അവനുവേണ്ടി ഉപവസിച്ച് കരഞ്ഞു കുഞ്ഞ് മരിച്ച ശേഷം നീ എഴുന്നേറ്റ് ഭക്ഷണം കഴിച്ചുവല്ലോ എന്ന് ചോദിച്ചു അതിനവൻ കുഞ്ഞ് ജീവനോടിരുന്ന സമയം ഞാൻ ഉപവസിച്ച് കരഞ്ഞു കുഞ്ഞ് ജീവിച്ചിരിക്കേണ്ടതിന് ദൈവം എന്നോട് ദയ ചെയ്യുമോ ഇല്ലയോ ആർക്കറിയാം എന്ന് ഞാൻ വിചാരിച്ചു ഇപ്പോഴോ അവൻ മരിച്ചുപോയി ഇനി ഞാൻ ഉപവസിക്കുന്നത് എന്തിന് അവനെ മടക്കി വരുത്തുവാൻ എനിക്ക് കഴിയുമോ ഞാൻ അവന്റെ അടുക്കലേക്ക് പോകെയല്ലാതെ അവൻ എന്റെ അടുക്കലേക്ക് മടങ്ങി വരികയില്ലല്ലോ എന്നു പറഞ്ഞു പിന്നെ ദാവീദ് തന്റെ ഭാര്യയായ ബെ ആശ്വസിപ്പിച്ച് അവളുടെ അടുക്കൽ ചെന്നു അവളോടുകൂടെ ശയിച്ചു അവളൊരു മകനെ പ്രസവിച്ചു അവനവന് ശലോമോൻ എന്ന് പേരിട്ടു യഹോവ അവനെ സ്നേഹിച്ചു അവൻ നാഥാൻ പ്രവാചകനെ നിയോഗിച്ചു അവൻ യഹോവയുടെ പ്രീതി നിമിത്തം അവന് യദീദ്യാവ് എന്ന് പേർ വിളിച്ചു എന്നാൽ യോവാ അമോന്യരുടെ രബ്ബയോട് പൊരിത് രാജനഗരം പിടിച്ചു യോവാ ദാവീതിന്റെ അടുക്കൽ ദൂതന്മാരെ അയച്ചു ഞാൻ രബ്ബയോട് പൊരുത് ജലനഗരം പിടിച്ചിരിക്കുന്നു ആകയാൽ ഞാൻ നഗരം പിടിച്ചിട്ട് കീർത്തി എനിക്കാകാതിരിക്കേണ്ടതിന് നീ ശേഷം ജനത്തെ ഒരുമിച്ചു കൂട്ടി നേരെ പാളയമിറങ്ങി അതിനെ പിടിച്ചുകൊള്ളുക എന്നു പറയിച്ചു അങ്ങനെ ദാവീദ് ജനത്തെയൊക്കെയും ഒന്നിച്ചു കൂട്ടി രബ്ബയിലേക്ക് ചെന്ന് പടവെട്ടി അതിനെ പിടിച്ചു അവൻ അവരുടെ രാജാവിന്റെ കിരീടം അവന്റെ തലയിൽ നിന്ന് എടുത്തു അതിന്റെ തൂക്കം ഒരു തലന്ത് പൊന്ന് അതിന്മേൽ രത്നം പതിച്ചിരുന്നു അവർ ദാവീദിന്റെ തലയിൽ വെച്ചു അവൻ നഗരത്തിൽ നിന്ന് അനവധി കൊള്ളയും കൊണ്ടുപോന്നു അവിടുത്തെ ജനത്തെയും അവൻ പുറത്ത് കൊണ്ടുവന്നു അവരെ ഈർച്ചവാളിനും മെതിവണ്ടിക്കും കോടാലിക്കും ആക്കി അവരെക്കൊണ്ട് ഇഷ്ടിക ചൂളയിലും വേല ചെയ്യിച്ചു അമൂന്യരുടെ എല്ലാ പട്ടണങ്ങളോടും അവൻ അങ്ങനെ തന്നെ ചെയ്തു പിന്നെ ദാ വീതം സകലജനവും എരുശിലെമിലേക്ക് മടങ്ങിപ്പോന്നു